ജനങ്ങൾക്കൊരു സങ്കേതമായും സുരക്ഷിത സ്ഥാനമായും നാം ആ ഭവനത്തെ മാറ്റിയ സന്ദർഭം ഓർക്കുക ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ നിൽക്കടത്തുനിന്ന് നിങ്ങൾ നമസ്കാരത്തിനൊരു സ്ഥലമായി സ്വീകരിക്കുക പ്രദക്ഷിണം ചെയ്യുന്നവർക്കും അവിടെ തങ്ങുന്നവർക്കും റൊക്കോഴ് ചെയ്യുന്നവർക്കും സുജൂത് ചെയ്യുന്നവർക്കുമായി എന്റെ ഭവനത്തെ ശുദ്ധീകരിക്കണമെന്ന് ഇബ്രാഹിം അലിഹിസ്ലാമിനോടും ഇസ്മായിൽ അലി നാം കൽപ്പിച്ചു